അങ്ങനെ നിന്റെ രക്ഷിതാവ് നിന്നെ തെരഞ്ഞെടുക്കുകയും കാര്യങ്ങളുടെ വ്യാഖ്യാനം നിനക്ക് പഠിപ്പിക്കുകയും നിനക്കും യക്കൂബ് അലിഹിസ്ലാമിന്റെ കുടുംബത്തിനും അവൻറെ അനുഗ്രഹം പൂർത്തിയാക്കുകയും ചെയ്യും നിനക്കു മുൻപ് നിന്റെ മാതാപിതാക്കളായ ഇബ്രാഹിം അലിഹിസ്ലാമിനും ഇസ്ഹാക്ക് അലിഹിസ്ലാമിനും അവനതു പൂർത്തിയാക്കിയതുപോലെ തീർച്ചയായും നിന്റെ രക്ഷിതാവെല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്